പിന്നീട് ചന്ദ്രൻ ഉദിച്ചുയരുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇവനാണ് എന്റെ രക്ഷിതാവ് അത് അസ്തമിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്റെ രക്ഷിതാവ് എന്നെ നേർവഴിയിലാക്കിയില്ലെങ്കിൽ ഞാൻ തീർച്ചയായും വഴിപിഴച്ച ജനതയിൽ ഒരാളാകും